തന്റെ അഭിപ്രായം പറയുകയാണ് സയോഗി പരമോമത എന്റെ അഭിപ്രായത്തിൽ എല്ലാരിലും വെച്ച് ശ്രേഷ്ഠനായ യോഗി അങ്ങനെയുള്ളവനാണ് എന്നുവച്ചാൽ ആത്മൌപമ്യേന സർവത്ര സമം പശ്യുഹ അർജുന ആത്മാവിനോടുപമിച്ചിട്ട് എല്ലാത്തിനെയും സമമായിട്ട് ആര് കാണുന്നു എന്നു വച്ചാൽ എല്ലാരിലും ഒരേ ആത്മാവാണുള്ളത് എന്നാർ കാണുന്നു സുഖം വാ യതിവാ ദുഃഖം സുഖമാവട്ടെ ദുഃഖമാവട്ടെ സ്പർശിക്കണില്ല സാധാരണമായിട്ട് ഈ ശ്ലോകത്തിനൊരർത്ഥം പറയും സാധാരണമായിട്ടും സാധാരണമായിട്ടും അതായത് ജനറൽ ആയിട്ട് എല്ലാരും ഒരു അർത്ഥം പറയണത് തന്നോടുപമിച്ച് നോക്കിയിട്ട് അതായത് തന്റെ ശരീരത്തിനോട് ഉപമിച്ച് നോക്കിയിട്ട് മറ്റുള്ളവരുടെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും സമമായിട്ട് തനിക്ക് തുല്യമായിട്ട് അവര് കരുതുന്നു അവൻ വലിയ യോഗിയാണ് അത് വളരെ സാധാരണ അർത്ഥം അത് ജ്ഞാനികൾക്ക് പറയാവുന്ന അർത്ഥമല്ല അപ്പൊ ആത്മൌപമ്യേന സർവത്ര സമം പശ്യതി നമുക്ക് നല്ലവണ്ണം ഈ വാക്കുകൾ ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഓർമ്മ വെച്ചുള്ള സമം അർജുന വിഷാദയോഗത്തു നിന്നാണ് ഗീത തുടങ്ങണത് വിഷാദം എന്ന് വെച്ചാൽ വിഷമസ്ഥിതിയാണ് വിഷാദം മനസ്സിന് വിഷാദം സമം ഇത് സാധാരണ കാണാവുന്ന രണ്ട് സ്ഥിതികളാണ് വിഷാദം സമം വിക്ഷിപ്തം ലയം ഇതൊക്കെ മനസ്സിന്റെ സ്വഭാവങ്ങളാണ് വിഷമസ്ഥിതി തന്നെ വിഷാദം ചലിക്കുന്ന സ്ഥിതി വിഷമസ്ഥിതി ചലിക്കാതെ നിൽക്കുന്ന സ്ഥിതി സമസ്ഥിതി ശാന്തി സമം ശാന്തി ഇല്ലാത്തത് വിഷമം അപ്പൊ എന്തിനെ കണ്ടാലും സുഖം അനുഭവപ്പെട്ടാലും ജീവിതത്തിൽ ദുഃഖം അനുഭവപ്പെട്ടാലും ആരുടെ സമത്വം സമസ്ഥിതി നഷ്ടപ്പെട്ടു പോകുന്നില്ലയോ സഹ പരമഹാമ അവൻ പരമയോഗിയാണ് അവന് ഇക്വലിപ്രിയം അവന്റെ സ്വരൂപസ്ഥിതി ശാന്തി അവൻ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി ഇങ്ങനെ യോഗിക്ക് ഒരു ലക്ഷണം ഭഗവാൻ ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞ് ഇത്രയും നേരം പറഞ്ഞു വന്ന സബ്ജക്റ്റിന് ഒരു മുത്തായ്പ വച്ചു എന്നുവെച്ചാൽ അത് അവസാനിപ്പിച്ചു ആ ടോപ്പിക് ഇത്രയും നേരം പറഞ്ഞത് എന്താ മനോനിഗ്രഹം സാധിച്ചിട്ടുള്ളവൻ യോഗിയാണ് മനോനിഗ്രഹം എന്താ മനസ്സിനെ എങ്ങനെ നിഗ്രഹിക്കും ആത്മാവിനെ കണ്ടാൽ മനസ്സ് ഇല്ല അതാണ് മനോനിഗ്രഹം അല്ലാതെ മനസ്സിനെ ബലമായി പിടിച്ചു നിർത്തലോ മനസ്സിനെ വിഷമിപ്പിച്ച് പിടിച്ചു നിർത്തലോ മനോനിഗ്രഹമാവില്ല വെളിച്ചത്തിന്റെ നേരെ നടന്നാൽ ഇരുട്ടി ഇല്ലാതാവും അല്ലാതെ ഇരുട്ടിനെ എങ്ങനെ വരട്ടാൻ പറ്റും ഒരു മലയുടെ മേലെ ഒരു ഗുഹയില് കുറെ കാലമായിട്ട് ഇരുട്ട് നാട്ടുകാരൊക്കെ കൂടെ വന്ന് രാജാവിനോട് പറഞ്ഞു ആ ഇരുട്ടിനെ എങ്ങനെയെങ്കിലും വരട്ടിത്തരണം രാജാവ് സാമാന്യം ബുദ്ധിക്ക് കൊഴപ്പമുള്ള ആളാണ് രാജാവ് സൈന്യത്തോടുകൂടെ പോയി എത്രയും ഇരുട്ടിനെ അവിടുന്ന് ഓടിക്കാനായിട്ട് ആ ഗുഹയിലേക്ക് അമ്പയ്തു ആ ഗുഹയിലേക്ക് അതുപോലെ പടക്കം വെച്ചു ആ ഗുഹയിലേക്ക് കല്ലെടുത്തെറിഞ്ഞു എന്നിട്ടും ഇരുട്ട് പോണില്ല രാജാവ് പറഞ്ഞു ഒരാളോ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് പോവുക അത് ഇരുട്ട് കോരി കോരി ഇരുട്ട് പോവോ ഒരു വഴിക്കും പോവണില്ല അവസാനം ഒരാൾ പറഞ്ഞു ഒരു വഴിയേ ഉള്ളൂ പന്തം കൊളുത്തി അകത്ത് ചെല്ല കൊണ്ട് വെളിച്ചവും കൊണ്ട് അകത്ത് ചെന്നാൽ വെളിച്ചം കൊണ്ടുവരലാണ് ഇരുട്ടിനെ പോക്കാനുള്ള വഴി അല്ലാതെ ഇരുട്ടിനോട് ശണ്ട കൂടിയാൽ നമ്മൾ ക്ഷീണിക്കും അത്രയേ ഉള്ളൂ നമ്മൾ തളർന്നു പോകും ഇരുട്ടിനോട് ശണ്ട കൂടിയാൽ അതേപോലെ മനസ്സ് ഒരു ഇരുട്ടാണ് ആത്മാവിനെ അറിയാത്തതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇരുട്ടാണ് മനസ്സ് ആത്മാവിനെ അറിയാതെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സുണ്ടാവും തന്നെ താൻ അറിയാതെ തന്റെ യഥാർത്ഥ സ്വരൂപം അറിയാതെ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും മനസ്സ് എന്ന് പറയുന്ന ചങ്ങലയിൽ ഒരു കണ്ണിയെ കൂടുതൽ അങ്ങനെ അനേകം പ്രവർത്തികൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അനേകം കണ്ണികൾ ചേർന്നിട്ടുള്ളതാണ് ഈ മനസ്സ് എന്ന് പറയുന്ന ചങ്ങല അതുകൊണ്ട് നമ്മൾ നമ്മളെ ബന്ധിച്ചിരിക്കുന്നു ഈ ചങ്ങലകൾ ഒക്കെ ഇല്ലാതാവണമെങ്കിൽ മനസ്സ് ഇല്ലാതാവണമെങ്കിൽ എന്തുവേണം അത് എളുപ്പത്തിലൊക്കെ സാധിക്കുവോ എത്ര കാലമായി ചേർത്തതാണ് എന്ന് നമ്മൾ പറയും പക്ഷെ വേദാന്തികൾ പറയണത് ആയിരം വർഷമല്ല പതിനായിരം വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും ആ ഇരുട്ട് പോകാൻ പതിനായിരം വർഷം വേണോ ദിവസം വേണോ ഒരു ദിവസം വേണോ എന്തിന് ഒരു മിനിട്ട് വേണോ ആ ഇരുട്ട് പോവാൻ ലൈറ്റ് ഇട്ടാൽ ആ ക്ഷണം അവിടെ ഇരുട്ടില്ല പതിനായിരം വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും പതുക്കെ പതുക്കെ അല്ല പോവുക ക്ഷണനേരം കൊണ്ടുപോകും അതുപോലെ എത്ര ജന്മങ്ങളായിട്ടുള്ള ദുഃഖമാണെങ്കിലും ശരി അജ്ഞാനമാണെങ്കിലും ശരി അതൊക്കെ തന്നെ ഭഗവാൻ ഹൃദയത്തിൽ വന്നാൽ ആ ക്ഷണം പോകുന്നു ആചാര്യസ്വാമികൾ കാവ്യ രസത്തോടുകൂടെ ശിവാനന്ദ ലഹരിയിൽ ഒരിടത്ത് പറയുന്നു അത് കവി കവിതയാണ് ആചാര്യസ്വാമികൾ പറയാം ഒരു ദിവസം രാത്രി മുഴുവനുള്ള ഇരുട്ട് ആ ഇരുട്ടിനെ ാക്കാൻ രാവിലെ ഒരേ ഒരു സൂര്യൻ ഉദിക്കുന്നു ആ ഒരു സൂര്യൻ ഉദിക്കുമ്പോ രാത്രി മുഴുവനുള്ള ഇരുട്ട് പോകുന്നു ഏകോ വാരിജാധവിദിനോ വ്യാപ്തം തമോ മണ്ഡലം ഭിത് ലോചനഗോചരോ ത്വ കോടി സൂര്യപ്രഭ ഏകോ വാരിജബന്ധവ ഒരേ ഒരു സൂര്യൻ വാരിജബന്ധു എന്ന് വെച്ചാൽ സൂര്യൻ താമരയുടെ ബന്ധുവാണ് സൂര്യൻ എന്താ സൂര്യനുദിച്ചാൽ താമര വിരിയും അപ്പൊ രമണ മഹർഷി ഭഗവാനോട് അരുണാചല ശിവനോട് ഒരു പാട്ടിൽ പറയുന്നു ഭഗവാനെ അങ്ങ് സൂര്യനാണ് എന്റെ ഹൃദയ താമര വിരിയണമെങ്കിൽ അങ്ങ് അവിടെ പ്രകാശിക്കണം അങ്ങയുടെ കിരണം സ്പർശം ഏറ്റാലേ ഹൃദയമാവുന്ന താമര വിരിയുള്ളൂ കരുണാപൂർണ സുധാബ്ധേ കപളിത ഘനവിശ്വരൂപ കിരണാവല്യാ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്ത കഞ്ച സു വികാസായ ചിത്തമാവുന്ന കഞ്ചം കഞ്ചം എന്ന് വെച്ച താമര അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ കഞ്ചലോചനൻ എന്നൊക്കെ പറയണത് താമരക്കണ്ണുള്ളവൻ ഹൃദയമാവുന്ന കഞ്ചം വിരിയാനായിട്ട് അവിടുന്ന് അരുണോഭവ അരുണ അരുണോദയുമായിട്ട് തീരാ ആ കിരണസ്പർശമേ അപ്പോ സൂര്യൻ താമരയുടെ ബന്ധു ആചാര്യസ്വാമികൾ പറയുന്നു രാത്രിയിലുള്ള ഇരുട്ട് മുഴുവൻ രാവിലെ ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ പോകുന്നു പക്ഷെ അങ്ങാണെങ്കിലോ ഒരു സൂര്യനല്ല ത്വം കോടി സൂര്യപ്രഭാണ് അങ് കോടി സൂര്യപ്രഭനാണ് എന്നിട്ടും എന്തേ എന്റെ ഉള്ളിലുള്ള ഇരുട്ട് പോവാത്തതെന്നാണ് കീതൃഭവേത് മത്തമഹ അതിന് അങ്ങേ ഞാൻ കുറ്റം പറയണില്ല അത്ര കണ്ട് കട്ടിയുണ്ടെന്നാണ് ഇരുട്ട് അത് കവിതാചാതുര്യമാണ് അത്ര കണ്ട് കട്ടി എന്റെ ഉള്ളിൽ ഉണ്ട് ഇരുട്ട് അപ്പൊ ആ ഇരുട്ട് എപ്പോ പോകും ഉള്ളില് വെളിച്ചം വന്നാൽ അന്ധകാരം പോകും ജ്ഞാനം വന്നാൽ അജ്ഞാനം പോകും തന്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞാൽ മനസ്സ് അവിടെ അവശേഷിക്കില്ല അപ്പൊ ഇത്രയും പറഞ്ഞ് ആ സ്വരൂപജ്ഞാനം ഉള്ള യോഗി ധ്യാനം കൊണ്ട് തന്നെ കണ്ടറിഞ്ഞവൻ പതുക്കെ പതുക്കെ മനസ്സിനെ തന്റെ യഥാർത്ഥ വസ്തുവിൽ സ്വരൂപത്തിൽ നിർത്തി തന്നെ കണ്ടറിഞ്ഞ യോഗി അതീവ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ് ഒപ്പിച്ചു അപ്പോഴാണ് അർജുനൻ ചോദിക്കണത് ഇത് വായിച്ചോ ചഞ്ചലം ഹി മനഃ കൃഷ്ണ നമ്മൾ ഇത്രയും കേട്ടുകഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന ഒരു സംശയമാണ് എല്ലാവർക്കും വരാവുന്ന ഒരു സംശയം ഔ ഇതൊക്കപ്പം നമുക്ക് സാധിക്കുവോ അല്ലെ സത്സംഗത്തിലെ ബാക്ടീരിയ എന്നാണ് ഞാനത് പറയാം എന്താ സത്സംഗത്തിലെ ബാക്ടീരിയ എന്താന്ന് വെച്ചാൽ നമ്മൾക്കേ അല്പ വിശ്വാസവും ഇത് സാധിക്കും എന്ന് തോന്നിയിട്ടുണ്ടാവാം തോന്നിയിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ കൂടെ ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നുണ്ടാവും പോകുമ്പോ പറയും അതൊക്കെ പറയാമെന്ന് നമുക്കൊന്നും പറ്റില്ല ഏഴു ദിവസം കേട്ടത് പോയി അത് ഉള്ളിൽ കയറിയാൽ ഏഴു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വിശ്വാസം മുഴുവൻ പോകും സത്സംഗം നമുക്ക് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിട്ടാണ് അല്ലാതെ സാധിക്കില്ലാന്ന് പറയാൻ വേണ്ടിട്ടല്ലേ അതിപ്പോ ലോകത്തിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോ പൊതുവെ മനുഷ്യൻ ആത്മവിശ്വാസം കുറവാ അതായത് തന്നിൽ വരുമ്പോ പുറമേക്കൊക്കെ ആത്മവിശ്വാസമുണ്ട് പണം സമ്പാദിക്കാൻ വിശ്വാസമുണ്ട് പഠിക്കാൻ വിശ്വാസമുണ്ട് എന്തിനു വേണ്ടാത്തരം ചെയ്യാൻ നല്ല വിശ്വാസമുണ്ട് ഒരു സമരം ഉണ്ടാക്കാൻ നല്ല വിശ്വാസമുണ്ട് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ വിശ്വാസമുണ്ട് പക്ഷേ അതേ ആൾക്ക് തന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യം വരുമ്പോ ഭയം പലപ്പോഴും ആളുകളെ തനിച്ചിരിക്കാൻ പറയൂ വലിയ വലിയ ആ ലോകത്തിനെ കിടിലം കൊള്ളിക്കുന്നവര് അവരെയൊക്കെ ഒരു പക്ഷെ ആറുമാസം തനിച്ചിരുത്തിയാൽ ഭ്രാന്തി പിടിച്ചു പോകും പുസ്തകം ഇല്ലാതെ വർത്തമാനം പറയാൻ ആളില്ലെങ്കിൽ ഭ്രാന്തി പിടിച്ചു പോവും കാരണം എന്താ പേടിയുള്ള ഒരേ ഒരു സാധനമേ അവരുടെ മനസ്സ് അവർക്ക് ആരുമായിട്ട് വേണമെങ്കിലും ജീവിക്കാൻ പറ്റും അവരവരുടെ മനസ്സുമായിട്ട് ജീവിക്കാൻ പറ്റില്ല അത് ഭയപ്പെടുത്തും പേടിപ്പിക്കും മനസ്സിനെ അറിയാൻ നമ്മളുടെ ദൗർബല്യം എവിടെ എവിടെ ഉണ്ടെന്ന് ഭയമാണ് ലോകത്തിലെ അധികം പേർക്കും അതുകൊണ്ടാണ് തനിച്ചിരിക്കാൻ ആളുകൾക്ക് പേടി തനിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിനെ നേർക്ക് നേരെ കാണണം വേറെ എന്ത് കണ്ടാലും അത്ര ഭയങ്കരമല്ല എന്റെ ഉള്ളിൽ ഞാൻ കാണാൻ കഴിയാ ഇഷ്ടപ്പെടാത്ത പലതും പൊന്തി വരും അപ്പോ അതാണ് യോഗത്തിന് മുഖ്യമായ തടസ്സം ശാന്തിക്ക് മുഖ്യമായ തടസ്സം പുറത്തെവിടെയില്ല എന്നിൽ തന്നെ ഉണ്ട് ഓരോരുത്തരിലും ഉണ്ട് അവരവരുടെ മനസിന്റെ രൂപത്തില് അതും ശിവാനന്ദ ലഹരിയില് ശ്രീശങ്കരൻ ശ്രീപരമേശ്വരനോട് പറയുന്നു പരമേശ്വരൻ ഭിക്ഷാന്തേഹിയാണല്ലോ ഭിക്ഷയെടുക്കാൻ പോവല്ലോ സുബ്രഹ്മണ്യന്റെ ശാപം ഭിക്ഷയെടുക്കാൻ പോകുമ്പോ കപാലീഭൂതേശ ഉം കയ്യില് കപാലം പിടിച്ചുകൊണ്ട് ഭിക്ഷയെടുക്കാൻ പോവുക ശിവൻ ആ മൂർത്തിയെ മുമ്പിൽ വെച്ചുകൊണ്ട് ശ്രീശങ്കരൻ പറയാണ് വെറുതെ ഭിക്ഷയെടുക്കാൻ പോയാൽ ആളുകൾ ഭിക്ഷ തരില്ല ഭിക്ഷ കിട്ടണമെങ്കിൽ ഒരു കൊരങ്ങനെ കൂടെ കൊണ്ടുപോയിട്ട് ആടാ ചാടാന്ന് പറഞ്ഞാൽ ആ കൊരങ്ങനെ കൊണ്ട് സർക്കസ് കാണിപ്പിച്ച് ചേഷ്ടകൾ കാണിപ്പിച്ചാൽ ആളുകള് നാലണയോ ഒരു ഉറപ്പിയോ ഇട്ടുതരും അപ്പൊ ഭിക്ഷ കിട്ടണമെങ്കിൽ കയ്യിൽ ഒരു കൊരങ്ങനെ കൊണ്ടുപോകണം അങ്ങക്ക് നല്ല കൊരങ്ങനെ ഞാൻ തരാം സദാ മോഹാഡ്യം നാം കുചകിരോ നടത്തി आशा कपालिन ആശാശാഖാസു അടതി ടിട്ടിതി സ്വൈരമഭിത കലിൻ ഭിക്ഷോ മേ ഹൃദയകല ദൃംഭക്തി ബ്വാദീനം കൂരു വിഭോ കിക്ഷോ കലി ആയിട്ടുളഹേ ഭിക്ഷു മയെ ഹൃദയ കപ്പിം അത്യന്ത ചപലം ഹൃദയമാവുന്ന ഈ കൊരങ്ങനുണ്ടല്ലോ അത്യന്ത ചപലം ഹടതി ടി സ്വൈരം അപിതഹ അങ്ങട് ഇങ്ങോട് ചാടി ഓടി നടക്കും ഒരു ക്ഷണ നേരം മിണ്ടാതിരിക്കില്ല അത്യന്ത ചപലമായിട്ടുള്ള എന്റെ മനസ്സാകുന്ന കൊരങ്ങനെ ഭക്തിയാവുന്ന കയറുകൊണ്ട് കെട്ടിയിട്ട് അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാം ഭവത് അധീനം കുരു വിഭോ വെച്ചാൽ പേടിക്കണ്ട അങ്ങയുടെ അധീനത്തിൽ ഇരുന്നു കൊണ്ട് ചാടിക്കോട്ടെ എന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ചാടുക എന്ന് വെച്ചാ എപ്പോഴാ അത് കൊഴപ്പം പറ്റിക്കാന്ന് അറിയില്ല കൊരങ്ങനെ കാവലിരുത്തിയ ഏർപ്പാടാണോ മനസ്സിനെ വിശ്വസിച്ചുകൊണ്ട് കാര്യത്തിൽ ഇറങ്ങുക അല്ലെ രാജാവ് പുതിയതായിട്ട് വലതും ചെയ്യണം എന്ന് തോന്നിയത്ര രാജാവിന് അപ്പൊ ദിവസം രാത്രി കൊതുക് വരാതിരിക്കാൻ ഒരാളടുത്തിരുന്നു ഇങ്ങനെ വീശ് കൊതുക് വന്നാൽ കൊതുകിനെ ഓടിക്കാനായിട്ട് അയാളുടെ കയ്യിൽ ഒരു സാധനമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൊതുകിനെ അടിച്ചു കൊല്ല അങ്ങനെ ഒരാളുണ്ടാവും അത്രേ രാജാവിന്റെ കൂടെ അപ്പൊ രാജാവിന് പുതിയൊരു ഐഡിയ തോന്നി ഒരു കൊരങ്ങന് ട്രെയിനിങ് കൊടുത്തു കൊരങ്ങനെ കുറച്ചു പഠിപ്പിച്ചിട്ട് രാജാവിന്റെ അടുത്ത് നിന്ന് രാജാവിന് വീശി കൊടുക്കുക കൊതുക് വന്നാൽ അടിക്കുക ഒരു ദിവസം ഒരു കൊതു കൊതുക് വന്നു കൊതുകിനെ കൊരങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊരങ്ങന്റെ അടി കൊള്ളാതെ കൊതുക് രാജാവിന്റെ മൂക്കത്ത് വന്നിരുന്നു മൂക്കത്ത് വന്നിരുന്നപ്പോ കൊരങ്ങനു കോപം തന്റെ യജമാനന്റെ മൂക്കിലിരിക്കാൻ ഈ കൊതുകിന് ധൈര്യം അടുത്ത് കണ്ട രാജാവിന്റെ തന്നെ വാളെടുത്തു ഒരു പൂശുപൂശി അത്രേ കൊതുകിനെ കൊതുകിനെ വെട്ടിയതാണ് എന്താവും ഇതാണ് കൊരങ്ങനെ കാവലിരുത്തിയ രാജാവ് എന്ന് പറയുന്നത് എന്നുവച്ചാൽ അജ്ഞാനിയായ മനുഷ്യൻ തന്റെ മനസ്സിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊരങ്ങനെ കാവലിരുത്തിയ രാജാവിനെ പോലെയാണ് എപ്പ വെട്ടുന്ന് പറയാൻ പറ്റില്ല എപ്പോഴാ വെട്ടുക എന്ന് പറയാൻ പറ്റില്ല അപ്പോ ഈ മനസ്സാവുന്ന കൊരങ്ങനെ ഭക്തിയാവുന്ന കയറുകൊണ്ട് കെട്ടി ഭഗവാന്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാം അതാണ് ദൃഢം ഭക്തധീനം കുരുവിഭോ ഇവിടെ അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും ഒരു തരത്തിൽ അർജുനന്റെ പ്രാർത്ഥനയാണ് ഭഗവാനെ അങ്ങ് പറയണതൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട് മനസ്സിനെ ധ്യാനം ചെയ്യാൻ പഠിപ്പിക്കണം മനസ്സിനെ ജപിച്ചു പഠിപ്പിക്കണം മനസ്സിനെ ആത്മവിചാരം ചെയ്ത് പഠിപ്പിക്കണം യോഗസാധനകൾ ചെയ്യണം എന്നൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാവണണ്ട് പക്ഷെ ചെയ്യാനോട്ട് കൂട്ടാക്കണില്ലല്ലോ യോ അയം യോഗ ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന മനസ്സിന്റെ സമസ്ഥിതി രൂപമായിട്ടുള്ള യാതൊരു യോഗം അങ്ങയാൽ പറയപ്പെട്ടുവോ ആ യോഗസ്ഥിതി കാണാനുള്ള കരുത്ത് എനിക്കില്ല കാരണം എന്താ ചഞ്ചലം ഹി കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം മനസ്സിനെ നിഗ്രഹം ചെയ്യാന്നുള്ളത് കാറ്റിനെ പിടിച്ച് കെട്ടിയിടണ പോലെയാ പിടിച്ചിട്ട് കിട്ടണില്ല അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് അർജുന താൻ പറയുന്ന വിഷമം എനിക്ക് മനസ്സിലാവണം ജ്ഞാനികൾ മഹാകാരുണികന്മാരാണ് ഭഗവാൻ അവണ മഹർഷിയുടെ അടുത്ത് അദ്ദേഹത്തിനെ കണ്ട പല ഭക്തന്മാരും എഴുതിയിട്ടുണ്ട് അതിൽ പലരും പാൾബ്രണ്ടൻ തന്നെ എഴുതുന്നുണ്ട് മഹർഷി എന്നെ അങ്ങോട്ട് നോക്കിയപ്പോ എനിക്കുപോലും അറിയാതെ അഥവാ എന്റെ എനിക്ക് വളരെ അടുത്ത എന്റെ ബന്ധുക്കൾക്ക് പോലും അറിയാത്തതായ എന്റെ പല ദൗർബല്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള പല ചീത്ത പ്രവർത്തികളും ഒരു ദൃഷ്ടി കൊണ്ട് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് എനിക്ക് അല്പം പോലും ലജ്ജ തോന്നിയില്ലാന്നാണ് എന്താ ഇത് ഒരു പലരും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വാക്കാണ് എത്ര പാപം ചെയ്തവനാണെങ്കിലും എത്ര ചീത്ത പ്രവർത്തി ചെയ്തവനാണെങ്കിലും മഹാത്മാക്കളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ആ പാപബുദ്ധി പോയി അവരുടെ ദൃഷ്ടിയിൽ കാരുണ്യമുണ്ട് ആ കാരുണ്യം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരുമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെല്ലാരിലും ആത്മാവിനെ കാണുന്നു വേറെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജ്ഞാനിയുടെ അനുഭവം എന്താന്ന് വെച്ചാൽ ആരെ കണ്ടാലും ഈ ദുഷ്ടൻ എന്ന് തോന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അനേക കോടി ജന്മങ്ങളിലൂടെ പരിഭാഗപ്പെട്ടിട്ടാണ് ഒരു ജ്ഞാനി ഉണ്ടാവണതേ ആ ജ്ഞാനിയുടെ ഉള്ളിലുള്ള അനുഭവം എന്താന്ന് വെച്ചാൽ ഞാനും ഇങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്നാണ് അത് അനുഭവമാണ് ദൃഷ്ടിയല്ല വെറും ബുദ്ധിയല്ല ഈ ഇയാള് ചെയ്തിട്ടുള്ള ഈ പ്രവർത്തി ചെയ്യുന്ന ഒരുവനായിട്ടും ഞാൻ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയോ കുറ്റം പറയും ഒരു കള്ളു കുടിച്ചിട്ടുള്ള ഒരാള് അതിൽ നിന്ന് വിട്ടുമാറി വന്നാൽ വേറെ ഒരു മദ്യപാനിയെ കാണുമ്പോ അയാൾക്ക് കാരുണ്യമേ തോന്നുള്ളൂ എത്ര വിഷമമുണ്ട് അയാൾക്ക് പാവ ഒരു ജ്ഞാനിക്ക് എല്ലാവരുടെ ദൗർബല്യത്തിലൂടെയും അയാൾ കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ദൗർബല്യവും അയാൾക്ക് ദൗർബല്യമായിട്ട് തോന്നില്ല ഇതൊക്കെ കടന്നു അവസ്ഥകളാണ് അനേകം അനേകം യോനികളിലൂടെ കടന്നു വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാരുണ്യം തോന്നും അതാണ് ഇപ്പൊ അർജുനൻ ചഞ്ചലം ഹി മനഃ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഏ അങ്ങനെയൊന്നും അല്ലടോ ഒന്നും പറഞ്ഞില്ല വസിഷ്ഠനെ ബ്രഹ്മാവ് സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്തിനാ സൃഷ്ടിച്ചതെന്ന് ലോകത്തിൽ പോയി യോഗം പഠിപ്പിക്കണം അതിനാണ് വസിഷ്ഠന്റെ സൃഷ്ടി പക്ഷേ സൃഷ്ടിച്ചപ്പോ തന്നെ പൂർണ്ണ ജ്ഞാനിയായിട്ടാ സൃഷ്ടിച്ചതേ പൂർണ്ണജ്ഞാനിയായിട്ട് ലോകത്തിന്റെ ദൗർബല്യങ്ങളുടെ ഒരു അനുഭവമില്ലാതെ അദ്ദേഹത്തിനെ അദ്ദേഹം എങ്ങനെ പഠിപ്പിക്കും അതുകൊണ്ട് വസിഷ്ഠനോട് ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ട് പറഞ്ഞു തന്നെ ഞാനിതാ ശപിക്കണം ഒരു ക്ഷണനേരം തന്റെ മനസ്സ് സംസാരത്തിലുള്ള സകല അലഞ്ഞു നടക്കട്ടെ എന്നാണ് ഒരു ക്ഷണനേരം കൊണ്ട് വസിഷ്ഠൻ അനേക ജന്മങ്ങളിലൂടെ കടന്നുപോയി എന്നിട്ട് അടുത്ത ക്ഷണനേരം അദ്ദേഹത്തിനെ വീണ്ടും വെള്ളം തെളിച്ച് ബോധം വരുത്തിയിട്ട് ഇപ്പൊ എന്നോട് ഈ ദുഃഖത്തിന് പരിഹാരം ചോദിക്കൂ ഞാൻ ഉപദേശിക്കാം അങ്ങനെ വസിഷ്ഠൻ ചോദിച്ചു ബ്രഹ്മാവ് ഉപദേശിച്ചു അപ്പോ വസിഷ്ഠന് കിട്ടിയ അറിവുണ്ടല്ലോ ദൌർബല്യത്തിനുള്ള പരിഹാരമായിട്ടാണ് ദുഃഖത്തിനുള്ള പരിഹാരമായിട്ടാണ് നമുക്ക് മഹാത്മാക്കളുടെയും പലരുടെ ചരിത്രത്തിലും കാണാം കുറെ കാലം അവർ പരമദുഷ്ടന്മാരായിട്ടൊക്കെ ചില പെരുന്നിട്ടുണ്ടാവും മഹാത്മാക്കളായി മാറും കൃഷ്ണാവതാരത്തിൽ കൃഷ്ണനിൽ എല്ലാം ഉണ്ട് കൃഷ്ണനിൽ ഇല്ലാത്തതൊന്നുമില്ല അതുകൊണ്ട് കൃഷ്ണനെ എല്ലാവരെയും മനസ്സിലാവും അർജുനൻ എനിക്ക് മനസ്സ് ചപലമായിരിക്കുന്നു കൃഷ്ണ എന്ന് പറയുമ്പോ അതെ അങ്ങനെ തന്നെയാണെന്നാണ് രാമകൃഷ്ണ പരമവംസർ ഒരു ഭക്തനോട് പറഞ്ഞു ശ്രീരാമകൃഷ്ണ പരമവംസരോട് ഒരു ഭക്തനെ ടാക്കൂർ എനിക്ക് മനസ്സിൽ ചീത്ത ചീത്ത വിചാരങ്ങളൊക്കെ വരുന്നു നിയന്ത്രിക്കാനേ പറ്റണില്ല ആ ഒരുപാട് കരഞ്ഞപ്പോ ശ്രീരാമകൃഷ്ണദേവൻ പതുക്കെ ആ ഭക്തനെ ഒരു ഓരത്തിൽ വിളിച്ചോണ്ട് ആരുടെ അടുത്തും പറയണ്ട എനിക്കും അങ്ങനെ തന്നെ അപ്പൊ പറയുമ്പോ ഒരു മഹാത്മ്യം നമ്മളുടെ തലത്തിൽ വരുമ്പോ അതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും എനിക്കും അങ്ങനെ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആശ്വാസം ഉണ്ടാവും അപ്പൊ ഭഗവാൻ അതിനു വേണ്ടിയിട്ടാണ് അസംശയം മഹാബാഹോ എന്ന് പറയുന്നത് അർജുന അസംശയം താൻ പറയുന്നത് വാസ്തവം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വിഷമം പിടിച്ച കാര്യാണ് അപ്പൊ തന്നെ അർജുനന് പകുതി റിലാക്സ്ഡ് ആയി അർജുനൻ മനോദുർനിഗ്രഹം ചലം പിന്നെ എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കും അഭ്യാസേന തുകയാ വൈരാഗ്യേന പതഞ്ജലി യോഗസൂത്രമാണ് ഭഗവാൻ പറയണത് അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും സാധിക്കും വൈരാഗ്യം എന്താണ് പുറം വിഷയങ്ങളിൽ മനസ്സിനെ വിടാതിരിക്കൽ അഭ്യാസം എന്താണ് ഭഗവാനിൽ മനസ്സിനെ നിർത്തൽ ഭഗവാനിൽ മനസ്സിനെ നിർത്താൻ അഭ്യാസം ഭഗവാനല്ലാത്ത വസ്തുക്കളിൽ വിടാതിരിക്കാൻ വൈരാഗ്യം വൈരാഗ്യം എങ്ങനെ ഉണ്ടാവും പുറം വിഷയങ്ങൾ ദുഃഖം ഉണ്ടാക്കും എന്ന് അറിഞ്ഞാൽ വൈരാഗ്യം അങ്ങനെ വൈരാഗ്യം കൊണ്ട് അന്തർമുഖമായ മനസ്സിനെ അഭ്യാസം കൊണ്ട് ആത്മാവിൽ നിർത്തണം അത് നമ്മൾ വീണ്ടും വീണ്ടും പലവട്ടം പറഞ്ഞു അല്ലേ വൈരാഗ്യം മനസ്സ് സഹജമായിട്ട് അന്തർമുഖമാകും വെളിയിൽ ഉള്ള വിഷയങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കും എന്ന് കണ്ടാൽ ശരിക്കോട്ട് കണ്ടാൽ ചൂടുപാല് കുടിച്ച പൂച്ച പാല് കണ്ടാലേ ഇഷ്ടപ്പെടില്ല അതുപോലെ പുറമേക്കുള്ള വിഷയങ്ങളിൽ ദുഃഖം ഉണ്ടെന്ന് വാസ്തവത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉദിക്കുന്ന ഒരു അവസ്ഥാവശേഷമാണ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് വൈരാഗ്യം വൈരാഗ്യം പൂർണമല്ല വൈരാഗ്യം ഒരു സ്റ്റേജ് വൈരാഗ്യം കൊണ്ട് നേടേണ്ടതെന്താ നമുക്ക് നമ്മളുടെ ആന്തരികമായ ഊർജം മനസ്സ് സൈക്കിക് എനർജി നമ്മളുടെ കയ്യിലുണ്ട് അതിനെ ആത്മാവിൽ നിർത്തുന്നു അഭ്യാസം കൊണ്ട് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഇത്രയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവനായ ഞാൻ ആരാണ് യഥാർത്ഥത്തിൽ ഈ ദുഃഖങ്ങളൊക്കെ എനിക്ക് ഉണ്ടോ സുഷുപ്തിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാത്രം ഇതെങ്ങനെ ഉണ്ടാവണം അപ്പോ ഇത് വാസ്തവത്തിൽ എന്നിലല്ല ഉള്ളത് മനസ്സിലാണ് അപ്പൊ മനസ്സടങ്ങിയാൽ സകല ദുഃഖങ്ങളും അസ്തമിക്കും ഇങ്ങനെ പതുക്കെ പതുക്കെ വിവേകം കൊണ്ട് മനസ്സിനെ ഹൃദയത്തിൽ അടക്കുന്നു അങ്ങനെ ആവുമ്പോ യോഗം സംഭവിച്ചു പോകും അടുത്ത ശ്ലോകം അസംയതാത്മനാ യോഗോ ദുഷ്പ്രാപ അസംയതാത്മാന സംയമനം ചെയ്യാത്തവൻ അസംയതാത്മാവ് നിയന്ത്രണം ചെയ്യാത്തവൻ മനസ്സിനെ അന്തർമുഖമാക്കാത്തവൻ അവനാണ് അസംയതാത്മാവ് യമനിയമങ്ങളില്ലാത്തവൻ എന്നർത്ഥം ഡിസിപ്ലിൻ ഇല്ലാത്ത ആള് അവന് യോഗം ദുഷ്പ്രാപമാണ് പ്രാപിക്കാൻ ദുഷ്കരമാണ് എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ഇതിമേ മതിഹീ വശ്യാത്മനാ വശ്യാത്മാവ് എന്ന് വെച്ചാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും തന്റെ വശത്തിലേക്കാക്കിയവൻ വശപ്പെടുത്തിയവൻ എങ്ങനെ വശപ്പെടുത്തി ഭക്തി കൊണ്ട് തപസ് കൊണ്ട് നാമജപം കൊണ്ട് എല്ലാറ്റിനും മേലെ സത്സംഗം കൊണ്ട് സത്സംഗം കൊണ്ടാണ് എളുപ്പത്തിൽ വശപ്പെടുക സത്സംഗം കൊണ്ട് കണ്ണ് ചെവി നമ്മളുടെ ശരീരം മുഴുവനും വശപ്പെടും സത്സംഗത്തില് ബാക്കിയൊക്കെ മറന്നിരിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് സത്സംഗ ദുസ് മുക്ത ദുസ്സംഗ ആത്തുന്ന ഉത്സഹതേ പുമാൻ ഭാഗവതത്തില് വരുന്ന ഒരു ശ്ലോകമാണ് സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ ദുസ്സംഗത്തിന്റെ എഫക്റ്റ് ഇല്ല എന്നാണ് അപ്പൊ ഹാത്തും ഉത്സഹത പുമാൻ സത്സംഗത്തിലിരിക്കുമ്പോ മനസ്സ് പതുക്കെ പതുക്കെ പതുക്കെ വശപ്പെട്ടു വരും ദുഷ്പ്രാപി അല്ലാത്തവന് സാധ്യമല്ല വശ്യാത്മാനാ ആരുടെ മനസ്സ് വശ്യമാണോ അവന് യത്നം ചെയ്യുമ്പോ വീണ്ടും വീണ്ടും തപസ് ആത്മവിചാരം ചെയ്താൽ അവാപ്തും ശക്യ ഉപായ അവാപ്തും ശക്യ എന്തെങ്കിലുമൊക്കെ ഉപായം കൊണ്ട് ആരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ അല്പം വശപ്പെട്ടിട്ടുണ്ടോ അയാൾക്ക് നവിരത്തോ ദുശ്ചരിതാത്ത് അശാന്തോ അസമാഹിത നശാന്തമാനസോവാപി പ്രജ്ഞാനേന പ്രജ്ഞാനേനൈനം ആപ്നുഷത്ത് പറയുന്നു ദുശ്ചരിതങ്ങളിൽ നിന്ന് വിട്ടുപോവാത്തവനും ദുഷിച്ച നടക്കുന്നവനും ഈ യോഗം സാധ്യമല്ല അപ്പൊ അത് വിട്ടിട്ടുണ്ടെങ്കിൽ നാമം ജപിച്ചാലും നടക്കും ആത്മവിചാരം ചെയ്താലും നടക്കും ഇല്ലെ ആ ശരണാഗതി കൊണ്ടും നടക്കാം ആർക്ക് മനസ്സല്പം വശപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഏതെങ്കിലും ഒരു മാർഗം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ പറ്റും മാർഗത്തിനേക്കാളും മുഖ്യം ഈ പ്രിപ്പറേഷനാണ് പക്വതയാണ് ഈ പക്വതയുണ്ടെങ്കിൽ സാധിക്കും അപ്പൊ ഇത്രയും ഭഗവാൻ പറഞ്ഞ് അർജുനനെ ഒന്ന് വിശ്വസിപ്പിച്ചു അല്ലെ ഗുരുവായൂരപ്പൻ പടുന്ന പാട് അർജുനനെ ഒന്ന് ബുദ്ധിമുട്ടി ഒന്ന് സമ്മതിപ്പിച്ച് ഭഗവാൻ എന്ത് വേണം വേണമെങ്കി എടുത്തോടോ എന്ന് പറഞ്ഞാ പോരെ ഇത്രയധികം പ്രസംഗിച്ച അവസാനം താ പറയാൻ പോണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ അർജുന ഞാൻ പറഞ്ഞോട്ടോ വേണമെങ്കി എടുത്തോ അല്ലെങ്കിൽ പോയിക്കോളൂന്നാണ് വിമർശി ചെയ്ത ദശേഷേണ് യഥേച്ചസി തഥാഗുരുന്ന് പറയാൻ പോണം നല്ലവണ്ണം വിമർശനം ചെയ്തു നോക്കിയിട്ട് എങ്ങനെയാ തോന്നണന്ന് യഥ ചെയ്തോളാം അല്ലാതെ ചെയ്യണം എന്ന് ഇമ്പോസിഷൻ ഒന്നുമില്ല നിർബന്ധം ഒന്നുമില്ല വേണമെങ്കിൽ ചെയ്തോളാം വിചാരം ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തോളാം അപ്പൊ ഇത്രയൊക്കെ ഭഗവാൻ പറഞ്ഞ് അർജുനനോട് അർജുന അഭ്യാസം ചെയ്യൂ വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കൂ മനസ്സിന് ശാന്തി ഉണ്ടാക്കിയെടുക്കൂ തൃപ്തനായിത്തീരൂ അപ്പൊ അർജുനന് അടുത്ത സംശയം നമുക്ക് പറ്റിയ ആളാണ് അർജുനൻ അടുത്ത സംശയം അർജുനന് നോക്കാം वाचा അർജുന ഉവാച അയതി ശ്രദ്ധയോപേ യോതമാനസഹ അപ്രാപ്യോ സം കൃഷ്ണ ഗതി കച്ചിന്നോഭയഭ്ര ി നശ്യത്തി അതിലോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണ പഥീതന്മേ സംശയം കൃഷ്ണേമർ അശേഷത അയതി ഉപേത ചലിതമാനസാഗസംസിദ്ധി എനിക്കിപ്പോ ഒരു സംശയം എന്താ അർജുന സംശയം അല്ല ഭഗവാനെ യോഗാത് ചലിത മനസുള്ളവനാണ് ശ്രദ്ധയാ ഉപേത പക്ഷെ മനസ്സത്ര കണ്ടൊന്നും നിയന്ത്രണത്തിൽ വന്നിട്ടില്ല അയതിഹി ശ്രദ്ധയാ ഉപേത ശ്രദ്ധയോടുകൂടിയവൻ യോഗത്തിൽ നിന്ന് അല്പം ചലിച്ചുപോയി കുറെ കാല യോഗ സാധനങ്ങളൊക്കെ ചെയ്തു കുറെ കാലം തപസ് ചെയ്തു കുറച്ചു കാലം നാമജപം ചെയ്തു ധ്യാനിച്ചു ഗീത പഠിച്ചു ഉപനിഷത്ത് പഠിച്ചു ഭാഗവതം പഠിച്ചു എന്നിട്ട് ഇടയ്ക്ക് വെച്ച് യോഗത്തിൽ നിന്നും ചലിച്ചുപോയി ഒരുപക്ഷെ മരിച്ചുപോയി അല്ലെങ്കിൽ ജഡവരതനെ പോലെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വഴിമാറിപ്പോയി യോഗസാധനകൾ നമുക്ക് ലോകത്തിൽ നോക്കിയാൽ അനേകം പേരെ അങ്ങനെ കാണും കുറച്ചു കാലം അവര് ഭാഗവതം ഗീത അമ്പലത്തിലേക്ക് വരവോ അങ്ങനെയൊക്കെ നടക്കും കുറച്ച് കഴിയുമ്പോ വേറെ ഒഴുകി പോക്കുക കാണും അപ്പോ ഇവര് ഈ ചെയ്തതൊക്കെ വെറുതെ പോയ്യോ അപ്രാപ്യ യോഗ യോഗത്തിന്റെ സിദ്ധിയിലേക്ക് അവര് വന്നില്ല പൂർണതയിലേക്ക് വരാതെ കാംഗതി കൃഷ്ണഗഛതി അവര് ഹേ കൃഷ്ണ ഏത് ഗതിയെ പ്രാപിക്കും എന്താണ് അവര് പ്രാപിക്കുന്ന സ്ഥിതി അവസ്ഥ ഉഭയവിഭ്രഷ്ട ചിന്നാഭ്രം ഇവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണ്പഥി ഈ ബ്രഹ്മജ്ഞാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഇവരെ പോലെയുള്ളവർ ബ്രഹ്മപ്രാപ്തി നേടാതെ ബ്രഹ്മസാക്ഷാത്കാരം നേടാതെ ഉഭയവിഭ്രഷ്ടമാണ് ഉഭയവിഭ്രഷ്ടന്മാരെന്നുവെച്ചാൽ ലോകജീവിതവുമില്ല അധ്യാത്മ ജീവിതവുമില്ല അങ്ങനെയായി പോവുമോ ഇല്ലത്തെന്ന് വിട്ടു അമ്മാട്ട് എത്തിയല്ലെന്ന് പറയും അപ്പൊ ഇവിടെയില്ല അവിടെയില്ല എന്നൊരവസ്ഥ അങ്ങനെ ആയാൽ എന്താവും അവരുടെ സ്ഥിതി അവർക്ക് ലോകത്തിലുള്ളതൊക്കെ പോയി ചില പ്രാർത്ഥനകളില് പല ഭക്തന്മാർ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവാനോട് ഭഗവാനെ ലോകമൊക്കെ ഞാൻ ഉപേക്ഷിച്ചു ലോകത്തിലുള്ള ജീവിതമൊക്കെ എനിക്ക് അസ്തമിച്ചു അവിടുന്ന് വന്ന് എന്നെ ആകർഷിച്ചതോടുകൂടെ ലോകത്തിലുള്ള ബന്ധമൊക്കെ എനിക്ക് വിട്ടുപോയി ഇനിയിപ്പോ അങ്ങേ ഞാൻ പ്രാപിച്ചിട്ടോ ഇല്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താവും രമണ മഹർഷി തന്നെ അരുണാചല പതികം എന്ന് പറഞ്ഞ കൃതിയിൽ ഒരു ഭക്തനെ പോലെ പാടുന്നു ഈ ഭാവത്തിൽ കരുണയാലനൈ ആണ്ടനീന കുൻ കാക്ഷി തന്ന അരുളിലെ ഇരുണലീ ഉലിൽ എങ്കിയേ പത ഉടൽ വിടൽ എൻ ഗതി എന്നാം അരുണനെ കാണാതെ അലറുമോ കമലം അരുണന് കരുണനാമന്നി അരുണലീശുരന്ത അറുവിയായി പെരുകും അരുണമാമും അൻപേ കരുണയാലനൈ ആണ്ടനി അവിടുന്ന് എന്നെ പിടിച്ചെടുത്തു എനിക്കിനിപ്പോ ലോക ജീവിതം പറ്റില്ല ലോകത്തിലുള്ള ജീവിതമൊക്കെ എനിക്ക് അസ്തമിച്ചു പോയി ഉഭയവിഭ്രഷ്ടനായിത്തീരുമോ ലോകത്തിലുള്ളവർക്കൊരു സുഖമുണ്ട് ജ്ഞാനികൾക്ക് പരമാനന്ദമുണ്ട് ഇത് രണ്ടുമില്ലാത്ത നടു സ്ഥിതി ത്രിശങ്കു സ്വർഗം എന്ന് പറയും ത്രിശങ്കുവിനെ പോലെ ആയിത്തീരുമോ ഉഭയവിഭ്രഷ്ട അങ്ങനെ ആയിത്തീർന്ന് ചിന്നാഭ്രം ഇവനശ്യതി മേഘം ചിലപ്പോഴൊക്കെ മഴക്കാലത്ത് ഇങ്ങനെ നമ്മൾ കാത്തുകൊണ്ടിരിക്കും കൊച്ചു കൊച്ചു മേഘശകലങ്ങൾ അങ്ങനെ വരും വരുമ്പോഴേക്കും ആ മഴ പെയ്യുമെന്ന് വിചാരിക്കുമ്പോഴേക്കും എവിടുന്നോ ഒരു കാറ്റ് വന്ന് എല്ലാം തകർത്ത് തരി നമ്മളുടെ പ്രതീക്ഷയും തകർന്നു പോകും അതുപോലെ അധ്യാത്മ അനുഭൂതിയുടെ വക്കത്തെത്തിയിട്ട് നശിച്ചുപോവോ അപ്രതിഷ്ഠോ ബ്രഹ്മത്തിൽ പ്രതിഷ്ഠ നേടാതെ ദൃഢമായ അനുഭവം നേടാതെ അതിൽ നിന്ന് വിമൂഢന്മാരായിട്ട് നഷ്ടപ്പെട്ടു പോയി നശിച്ചു പോകുമോ ഭഗവാനെ എന്നൊരു പേടി തോന്നുന്നു പലർക്കുമുള്ള പേടിയാണ് നമുക്ക് ഈ ജന്മത്തിൽ കിട്ടുപോയില്ലയോ എന്നറിയില്ല കുറച്ച് നാമം ജപിക്കല്ലേ എന്തോ ഗീത ഭാഗവതോ എന്നൊക്കെ പറഞ്ഞു പോയി ഇങ്ങോട്ട് പോകുമ്പോ കുറച്ചു ദൂരം പോകുമ്പോ പേടി പലരും പറയാറുള്ളതാ ഒരു ഭയം തോന്നണൂന്നാണ് ഈ ഭയം ആർക്കാ തോന്നണത് അപ്പൊ ചോദിക്കേണ്ട ചോദ്യം ആർക്കാ ഈ ഭയം തോന്നണത് ചോദ്യം തന്നെ ഉള്ളിൽ പേടിപ്പിക്കും ആർക്ക് ഭയം തോന്നുന്നു എനിക്ക് ഈ ഞാൻ ആര് ഞാനാരാണ് ഈ ഭയപ്പെടുന്ന ഞാൻ യഥാർത്ഥ ഞാനല്ല അഹങ്കാരവുമാണ് പേടിക്കണത് ചിലപ്പോ ബാധ കൂടിയ ആളെ ചൂരലിട്ട് പെടച്ചിട്ട് പോകുവോ ചോദിച്ച പോകാമേ പോകാമേന്ന് പറയും ആരാ പറയണ വാസ്തവത്തിലുള്ള ആളല്ല പറയണത് അല്ലേ രണ്ടാമത്തെ പേഴ്സണാലിറ്റിയാണ് അതുപോലെ പേടിക്കണ ആള് വാസ്തവത്തിലുള്ള ഞാനല്ല എന്റെ ഉള്ളിൽ എന്നെ ദുഃഖിപ്പിക്കുന്ന അഹങ്കാരമാണ് പേടിക്കണത് അതിനാണ് ഭയം നഷ്ടപ്പെട്ടു പോകുവോ ഇപ്പൊ അർജുനന്റെ ചോദ്യവും ആ പേടിയിൽ നിന്നാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോകും വാസ്തവത്തിൽ എന്താ ഇവിടെ നഷ്ടപ്പെടാനുള്ളത് അല്ലെങ്കിൽ തന്നെ എന്താ നഷ്ടപ്പെടാത്തത് എത്ര തന്നെ പിടിച്ചു വെച്ചാലും എന്താ നഷ്ടപ്പെടാത്തത് അടുത്ത ക്ഷണം ജീവിക്കുന്നു ഉറപ്പില്ലാത്ത കാര്യം അപ്പോ ഇവിടെ നഷ്ടപ്പെടാത്ത വസ്തു എന്തുണ്ട് അപ്പൊ അർജുനന്റെ ഈ ചോദ്യത്തിന് തന്നെ കാരണം ഭയമാണ് ഭഗവാൻ പറയണതൊക്കെ കേട്ട് ഈ മാർഗത്തിൽ വന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ച് അങ്ങട് തിരിഞ്ഞു നോക്കിയാൽ പഠിച്ച വല്ല ജോലിയും ഒക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു വേണ്ടി കിടന്നില്ല തോന്നിയാലോ കുറച്ച് കഴിഞ്ഞ് ഇങ്ങടും പോവാം വയ്യാ അങ്ങടും പോവാം വയ്യ ഏതന്മേ സംശയം കൃഷ്ണ ചേത്തും അർഹസി അശേഷത ത്വന്യഹ സംശയസ്യ അസ്യ ചേത്താനഹി ഉപപത്യത്തെ ഹേ ഭഗവാനെ ഈ സംശയം തൊണ്ടയില് കുടുങ്ങിക്കിടക്കുന്ന മുള്ളുപോലെ എന്നെ വിഷമിപ്പിക്കുന്നു ഛേത്തുമർഹസ്യ അതിനെ വേരോടെ പിഴുത്തെടുക്കണം അജ്ഞാനമാവുന്ന ഒരു വൃക്ഷം ഉള്ളിലും വളച്ചിരിക്കുന്നു വേരോടെ പിഴുത്തെടുക്കണം ത്വത് അന്യഹ സംശയസ്യ അസ്യ ഛേത്താൻ അഹി ഉപപദ്ധ്യത അങ്ങല്ലാതെ ഈ സംശയം നീക്കാൻ വേറെ ഒരാളില്ല വേറെ ഒരാളെ കാണാനില്ല എന്നാണ് പ്രഭോ എനിക്ക് വഴി കാണിച്ചു തരൂ ഞാൻ തിരിച്ചു പോണോ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ അടുത്ത ശ്ലോകം ശ്രീ ഭഗവാൻ ഉവാചാം ഭഗവാൻ പറയണത് ജ്ഞാനമാവുന്ന സൂര്യൻ ഉള്ളിൽ ഒതിച്ചാൽ ഈ പാപങ്ങളൊക്കെ തന്നെ നീങ്ങിക്കിട്ടു മറച്ചുന ഒരു പാപവും തന്നെ ബാധിക്കില്ല സ്വരൂപജ്ഞാനം ആത്മാനുഭവം അഥവാ ഈശ്വരന് ശരണാഗതി ശരണാഗതി ചെയ്താൽ പിന്നെ ഈ ശരണാഗതി ചെയ്യണവനേ ഇല്ല പിന്നെ പാപി എവിടെ ആര് പാപം ചെയ്യും പാപിന്നൊരാളുണ്ടെങ്കിലല്ലേ സർവം ജ്ഞാനപ്ലവേന വൃജിനം സന്തരിഷ്യസി പാപത്തിന്റെ സമുദ്രത്തിനെ തരണം ചെയ്യാനുള്ള കപ്പലാണ് ജ്ഞാനം എന്ന് പറയണത് ഈ ജ്ഞാനം എന്തു ചെയ്യണു എന്ന് ചോദിച്ചാൽ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് മുപ്പത്തിയേഴ്സിനി ഭസ്മസാത് കുരുതേർജുനസ്സർവകർമാണി ഭസ്മസാത് കുരു യഥാ ഹേ അർജുന സമിദ്ധ അഗ്നി നല്ലവണ്ണം വിറകൊക്കെ ഇട്ട് അഗ്നിയെ അങ്ങനെ ആളിക്കത്തുമ്പോ യഥാ ഏഥാംസിറകുകളെ അഗ്നി എന്തു ചെയ്യും ഭസ്മമാക്കി കളയും ഭസ്മസാത്കുരുതേ നല്ലവണ്ണം കത്തിയാൽ കൊറേ കഴിയുമ്പോ ഒരുപടി ചാരമയോടെ ഉണ്ടാവുള്ളൂ ഒക്കെ കത്തിപ്പോയി അല്ലെ അതുപോലെ ജ്ഞാനമാവുന്ന അഗ്നി ഉള്ളിൽ ആളി കത്തി കഴിഞ്ഞാൽ പാപകർമ്മം മാത്രമല്ല സർവകർമ്മങ്ങളും ഭസ്മമാകും ഭസ്മസാത്കുരുതേ സർവകർമാണി ഭസ്മസാത് പുണ്യം പാപം രണ്ടുമേ ജീവനെ ബന്ധിക്കുമേ പുണ്യം എന്ന് പറയണത് ഇരുമ്പ് ചങ്ങലയാണെങ്കിൽ പാപം എന്ന് പറയുന്നത് ഇരുമ്പ് ചങ്ങലയാണെങ്കിൽ പുണ്യം സ്വർണ ചങ്ങല രണ്ടിനും മനുഷ്യ ജീവനെ കെട്ടിയിടും ഇരുമ്പ് ചങ്ങല നമ്മൾ അയച്ചു കളഞ്ഞു എന്ന് വരും പക്ഷെ സ്വർണചങ്ങലായതുകൊണ്ട് ഇരുന്നോട്ടേന്ന് വെക്കും അത് നല്ലവണ്ണം ബന്ധിക്കും ജീവനെ അതുകൊണ്ട് ജ്ഞാനമാവുന്ന അഗ്നി ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ പുണ്യപാപ വാസനകളെ ഭസ്മമാക്കി സ്വരൂപത്തിനെ പരിപൂർണമായിട്ടും പ്രകാശിപ്പിക്കുന്നു വാസനകളെ മുഴുവൻ എരിച്ചു കളയുന്നു ജ്ഞാനം ഉള്ളിൽ പ്രവേശിച്ചാൽ വാസനകള് ഭസ്മസാത്കുരു ഭസ്മം ആക്കും ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ തഥാ അപ്പോ ജ്ഞാനത്തിനെ സമ്പാദിക്കൂ അതിന്റെ പ്രാമുഖ്യം ശ്രേഷ്ഠ്യം കാണിക്കാനാണ് ഭഗവാൻ ഇവിടെ പറയണതേ ജ്ഞാനത്തിനെ സമ്പാദിക്കൂ ഗരുഡപുരാണത്തില് അനേകവിധ കർമ്മങ്ങളും പാപങ്ങളും പാപം ചെയ്യുന്നവർ ഏതൊക്കെ നരകത്തിൽ പോവും എങ്ങനെയൊക്കെ ദുഃഖം അനുഭവിക്കും ഒക്കെ പറഞ്ഞിട്ട് അവസാനം ഭഗവാൻ പറഞ്ഞു ഗരുഡനോട് ഹേ ഗരുഡ ഞാൻ ഇത്ര നേരം പറഞ്ഞതൊക്കെ കാര്യങ്ങളാണ് പക്ഷെ വാസ്തവത്തില് കർമ്മങ്ങൾ കൊണ്ട് ഒന്നും ജീവൻ ആത്യന്തികമായ നിവൃത്തി ഉണ്ടാവില്ല ഭസ്മം അല്ലെങ്കിൽ ഊർധ്വപുണ്ടം അതൊരു മണ്ണ്